ിജ്ഞാസീതേദി <usitthi> പരിശീലന പദ തർസംബന്ധ സോമ്യേതമഗ്രസീതി ഉപകീന് സന്ദർഭാജുപേസ്വമ താതാരാസ്തി എന്നാണ് ഈ പറയുന്നത് വേദം അധ്യയനം ചെയ്യുന്ന ഒരാളിനെ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ബ്രഹ്മജ്ഞാനം ഉണ്ടാകാം പക്ഷെ വേദ അധ്യയനം ചെയ്യുന്ന ആൾ എങ്ങനെയുള്ള ആളായിരിക്കണം അയമർത്ഥ പ്രാഗവി ബ്രഹ്മ ബ്രഹ്മവിചാരം ചെയ്യുന്നതിന് മുമ്പ് തന്നെ അസ്ഥി എന്നുള്ളതിനോട് ചേർത്തോ എന്തസ്ഥി ഉണ്ട് വിചാരാത്മിത വിചാരത്തെ കൂടാതെ ആപാത്ര വിചാരം കൂടാതെ തന്നെ ബ്രഹ്മജ്ഞാനം ഉണ്ടെന്ന് എങ്ങനെയായിരിക്കണം വേദാധ്യയനം ചെയ്യുന്നവൻ അതീത വേദസ്യ വേദാധ്യനം ചെയ്തിരിക്കണം പരിശീലനം വ്യാകരണം തുടങ്ങിയവ അയാള് പഠിച്ചിരിക്കണം നിഗമെന്ന് പറഞ്ഞാൽ നിഖണ്ടു നിഘണ്ടും നിരുതവും നിഘണ്ടുകളില് വൈദിക പദങ്ങൾ കൊടുത്തിരിക്കും അതിൻ്റെ ഒക്കെ വ്യാഖ്യാനം കൊടുത്തിരിക്കുംകണ്ടും നിരുത്തവും രണ്ട് ഭാഗമായിട്ടാണ് പഠിക്കുന്നത് അപ്പോ നിഗമ നിരുത വ്യാകരണാവധി നിഗമം നിരുത്തം വ്യാകരണം ഛന്തസ് തുടങ്ങിയ വേദാംഗങ്ങൾ ഇതെല്ലാം പരിശീലിച്ചിരിക്കണം ആര് അധ്യയനം ചെയ്തവൻ വേദ അധ്യയനം ചെയ്തവൻ ഇത്രയും കൂടെ വേണം എന്നല്ലേ എന്റെ അർത്ഥം മനസ്സിലാകത്തുള്ളു അപ്പൊ വേദം അധ്യയനം ചെയ്യാന്ന് വെച്ച പഴയകാലത്ത് അഞ്ചു വയസ്സിലോ ആറു വയസ്സിലോ ഒക്കെ ബ്രാഹ്മണനാണെങ്കിൽ ഉപനയം ചെയ്ത് അവിടെ കൊണ്ടിരുത്തിയിട്ട് കുട്ടിക്കാലത്ത് പണ്ട് പഠിപ്പിക്കുന്നതുപോലെ ചൊല്ലിക്കൊടുത്ത് കുട്ടികള് ഏറ്റുപറയുന്നതാണ് അതല്ല വേദാധ്യനം അതിനുവേദാധ്യനം എന്ന് പറയാൻ പറ്റില്ല അതോടൊപ്പം നിഖണ്ടും നിരക്തവും വ്യാകരണവും ചന്തസും എല്ലാം പഠിക്കണം പഠിച്ച് വേദാധ്യനം ചെയ്യുന്നവനായിരിക്കണം ഇതിന്റെയൊക്കെ പരിശീലനം എന്ന് ഇതിന്റെ പരിശീലനം കൊണ്ട് വിദിത പദർഥ സംബന്ധ്യ അവന് പദാനം ഉണ്ടാവണം എന്ന് ചോദിച്ചാ വ്യാകരണജ്ഞാനം ഉണ്ടാവണം പദങ്ങളെ കുറിച്ചുള്ള അറിവ് വിദിത പദം പദത്തെ കുറിച്ച് അറിഞ്ഞിരിക്കണം പിന്നെ തദർത്ഥസംബന്ധ പദവും പദാർത്ഥവും തമ്മിലുള്ള സംബന്ധിരിക്കണം ശക്തിജ്ഞാനുണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ ഗൗ എന്ന് പറഞ്ഞ നാലു കാലുള്ള കാലുള്ള കൊമ്പുള്ള ആളെയുള്ള ജീവിയാണ് എന്നുള്ള ബോധം ഉണ്ടാവുന്നത് കേട്ട ഒരു പദം കേട്ടാൽ അർത്ഥാനുണ്ടാവണം അങ്ങനെ അർത്ഥം ഞാനുണ്ടാവണമെങ്കിൽ എന്ത് വേണം ശക്തി ഞാനുണ്ടാവണം ശക്തി എന്ന് പറയുന്നത് എന്താണ് പദവും അർത്ഥവും തമ്മിലുള്ള സംബന്ധം പദപദാർത്ഥ സംബന്ധം ആ സംബന്ധം ഞാൻ ഓടാനായി ആ സംബന്ധം ഞാൻ ഉണ്ടാവണമെങ്കിൽ എന്തുവേണം നിഗമം നിരുത്തം വ്യാകരണം ഛന്തസ് തുടങ്ങിയ ശാസ്ത്രങ്ങളെല്ലാം പഠിക്കുന്നു അപ്പൊ ഇതെല്ലാം പഠിച്ചിട്ട് വേദാധ്യയനം ചെയ്തവനായി എന്നാലേ ഒരാൾക്ക് വേദത്തിൽ നിന്നും ബ്രഹ്മത്തെ കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടാവുള്ളൂ ഇതൊരു വല്യ പണിയാണ് വേദം ചൊല്ലി പഠിക്കുക വലിയ പണിയാണ് പത്ത് പന്ത്രണ്ട് വർഷം കൊണ്ട് അവന്റെ ശാഖ പഠിക്കാൻ പറ്റും ഇന്ന് എഴുത്തില്ലല്ലോ എഴുത്ത സാമഗ്രി ഇല്ല എഴുത്താനും ലിപിയില്ല അപ്പോ അന്ന് എന്തുകൊണ്ട് ലിപിയില്ല ഉണ്ടായില്ല കാരണം ഇങ്ങനെ ആണ് പഠിക്കുന്നത് ഗുരു ചൊല്ലിക്കൊടുക്കുന്ന ശിഷ്യന്മാർ കേട്ട് പഠിക്കുന്നു എന്തുകൊണ്ട് അന്ന് ലിപി എന്തുകൊണ്ട് ഉണ്ടായില്ല എന്തുകൊണ്ടാണ് ഏലി എന്തുകൊണ്ടാണ് ലപി ഇല്ലാത്തത് ദൈവത്തിന്റെ എഴുത്തും വായന അറിയില്ല ദൈവം എൻ്റെ പറഞ്ഞു കൊടുത്തത് ദൈവത്തിന് പറയാനേ അറിയാവൂ എഴുതാൻ അറിയത്തില്ല ദൈവത്തിന് എഴുതാറിയാങ്കിൽ അവൻ എഴുതാൻ പറ്റൂ ദൈവം പറഞ്ഞു കൊടുത്തതെന്ന് പറയുന്നത് അപ്പൊ ദൈവത്തിന് എഴുത്തും വായന അറിയില്ല എന്തോര നിരക്ഷരനായ ദൈവമാണെന്ന് വിചാരിച്ചു അന്നത്തെ ദൈവത്തിന്റെ കാര്യം തന്നെ കഷ്ടമാണ് ഴുത്തുമോയനെ അറിയാത്ത ദൈവമാണ് വേദം പറഞ്ഞുകൊടുത്തത് എന്ന് ഇവിടെ പറയലേ അതിന്റെ അധ്യയനം എന്ന് പറയുന്നു കേട്ടു ചൊല്ലി പഠിക്കുക ഇതെല്ലാം കേട്ടുചൊല്ലി പഠിക്കണം നിഗമവും എല്ലാം കേട്ടു ചൊല്ലി പഠിക്കണം എഴുത്തില്ല പിന്നെ ക്രമേണ ക്രമേണ മനുഷ്യൻ ലിപി കണ്ടുപിടിച്ച് കാലങ്ങൾ കൊണ്ട് ആണ് എഴുത്ത് വിദ്യ കൈവശമാക്കിയത് എന്തായാലും വേദം ദൈവം ഇറക്കി കൊടുക്കുമ്പോഴത്തേക്ക് ദൈവത്തിന് എഴുതാൻ അറിയില്ലായിരുന്നു എഴുതുന്ന സാമഗ്രികളൊന്നും ഇല്ലായിരുന്നു പേനയില്ല പേപ്പറില്ല കാരണം ഇവിടെ ദൈവം ഇവിടെ ഉള്ള ബ്രാഹ്മണർക്കാണിത് പറഞ്ഞുകൊടുത്തത് പേപ്പർ കണ്ട് പിടിച്ചത് ചൈനാക്കാർ ചൈനയിൽ ആ പേപ്പർ കണ്ടുപിടിച്ചത് അപ്പോൾ ഇവിടത്തെ ബ്രാഹ്മണൻ പേപ്പറിലെങ്ങനെ എഴുതും എഴുതാൻ പറ്റത്തില്ല എഴുതുന്ന ഇനി എന്തുകൊണ്ട് എഴുതും നല്ല കമ്പോ കോലോ കൊണ്ടിട്ട് കോറാനേ പറ്റും അത് എഴുത്ത് നടക്കത്തില്ല അന്ന് മനുഷ്യനും ദൈവവും എല്ലാം കൂടെ കിട്ടുന്നാകെ കൊഴഞ്ഞു മറിഞ്ഞാണ് ഇത്രയും അറിവൊക്കെ ഉണ്ടാക്കിയത് അന്ന് എന്താണ് പരിശീലനം കൊണ്ട് വിദിത പദ തഥാ അർത്ഥ ഇത്രയും ഉണ്ടെങ്കിൽ എന്താണ് വേദാന്തി ചെയ്തിരിക്കണം നികണ്ടു നികരണം ഇതെല്ലാം അധ്യയനം ചെയ്തിരിക്കണം എന്നിട്ട് അവൻ എന്ത് ചെയ്യണം എല്ലാ പദങ്ങളുടെയും അർത്ഥം കൃത്യമായി അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞ അവൻ വാക്യാർത്ഥം ഞാനുള്ളവനായിരിക്കണം ഒരു വാക്യത്തിന്റെ അർത്ഥം ഗ്രഹിക്കാൻ ശേഷിയുള്ളവനാണെങ്കിൽ അവന് സദേവ സോമി ദ്രസീലിത്യുപക്രമ ഛാന് ഛന്തോകൃവംശത്തിന് തുടങ്ങുന്നെങ്ങനെയാണ് വാക്യം കേട്ടുകഴിഞ്ഞ ഞാൻ ഈ പറയുന്ന അർത്ഥം അറിയണമെങ്കിൽ അവന് വ്യാകരണ നിരുദ്ധം ഇതെല്ലാം പഠിക്കുകയും പദാർത്ഥ സംബന്ധം ഉണ്ടായിരിക്കുകയും വേണം എന്നാലേ അവന് സൈവ സ്വാമി സമഗ്ര ആശീന്ന് കേട്ടു കഴിഞ്ഞ ഈ പ്രപഞ്ചം സൃഷ്ടിക്കുന്ന മുമ്പ് സത്തായിരുന്നു എന്നുള്ള ബോധം ഉണ്ടാകത്തു വ്യാകരണം പഠിക്കാതെ പറ്റത്തില്ല അതുകൊണ്ട് വ്യാകരണം പഠിക്കാത്തവര് വേദാധ്യയനം ചെയ്തിട്ടും വിശേഷി പ്രയോജനമൊന്നും ഇല്ല ബോധം ഉണ്ടാകത്തില്ല തുടക്കം അങ്ങനെയാണ് ചാന്തകീത്തൻ പിന്നെ തത്വമസിന്റെ അവസാന ഭാവും അവസാനം ഇതൊമ്പത് തവണ ആവർത്തിക്കും അവിടെ സന്ദർഭാത ഈ പ്രകടനത്തിൽ നിന്ന് സന്ദർഭം വ്യാകരണവും മറ്റും പഠിച്ച് വേദാധ്യയനം ചെയ്യുന്നവൻ ചാന്തോകൃത്തിൽ ഈ ഒരു പ്രകരണം അവനെന്ത് ചെയ്യും നിത്യത്വുപേത ബ്രഹ്മസ്വരൂപഅ അവനെന്തു വരുന്നു നിത്യത്വം ശുദ്ധത്വം ബുദ്ധത്വം എല്ലാം കൂടി ചേർന്ന ബ്രഹ്മ സ്വരൂപത്തെ കുറിച്ചവന് അപകടം ബോധമുണ്ടാവും അപ്പോ നിത്യത്വം ശുദ്ധത്വം ബുദ്ധത്വം മുക്തത്വം എല്ലാം കൂടി ചേർന്ന ബ്രഹ്മത്തെ കുറിച്ച് വേദാധ്യയനം ചെയ്തവനായെന്ന് പറഞ്ഞാ പോരാ പിന്നെ പറഞ്ഞ പോരാ വ്യാകരണം എല്ലാം അധ്യയനം ചെയ്ത പഠിച്ചവനും ബോധം ഉണ്ടാവും വേദാധ്യയനം ചെയ്തവനെ പറ്റൂ നല്ല കാര്യമാണ് പറയുന്നത് വേദാധ്യയനം ചെയ്യാത്തവൻ പിന്നെ എവിടുന്ന് ബോധം ഉണ്ടാകുമെന്ന് എഴുത്തും വായനയും വന്നപ്പോഴല്ലേ വേദമൊക്കെ വ്യാഖ്യാനത്തോടു കൂടി അതോ ഭാഷയിലൊക്കെ വ്യാഖ്യാനിപ്പിച്ചു വച്ചിരിക്കുന്നോണ്ടല്ലേ നമ്മൾക്ക് അത് വായിക്കുമ്പോഴും അല്ലെങ്കിൽ പ്രഭാഷണം കേൾക്കുമ്പോഴും ഈ ബ്രഹ്മത്തെക്കുറിച്ച് പോകുന്നുണ്ടാവുന്നു അല്ല ഇവിടെ ബ്രഹ്മത്തെക്കുറിച്ച് പോയത് കൊണ്ടാകുന്നു പണ്ഡിതിനൊന്നും ഒരു വഴിയില്ലല്ലോ പണ്ട് ഗുരുകൂലത്തിൽ താമസിക്കുന്ന ബ്രഹ്മചാരി വേദാധ്യയനത്തോടൊപ്പം മറ്റു ശാസ്ത്രങ്ങളുമൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അവന് പദാർത്ഥാനും പദവും അർത്ഥവും തമ്മിലുള്ള ബന്ധം അതിനെ കുറിച്ച് ഞാനുണ്ടെങ്കിൽ അവൻ ചാന്തോഗി അധ്യയനം ചെയ്യുമ്പോൾ അവടെ തുടക്കത്തിലാണെന്ത് സദൈവ സോമി തമങ്ക അവസാനം പറയുന്നത് തത്വമസില്ലാം കേൾക്കുമ്പോന്താ സന്ദർഭ നിത്യത്യുപേര നിത്യത്വാദി ഉപേര നിത്യത്വം ശുദ്ധത്വം മുക്തത്വം ഇവയെല്ലാം കൂടി ചേർന്ന ബ്രഹ്മസ്വരൂപഅ അവഗമഹ ബ്രഹ്മസ്വരൂപത്തെ കുറിച്ച് ഈ വേദാധ്യയനം ചെയ്യുന്നവന് ബോധമുണ്ടാകുന്നു എങ്ങനെയാണ് ബ്രഹ്മജ്ഞാനം ഉണ്ടാകുന്ന പറയു അപ്പൊ ഈ വേദമൊന്നും അധ്യയനം ചെയ്യാത്തവന് അന്നത്തെ കാലഘട്ടത്തിൽ ബ്രഹ്മജ്ഞാനം ഉണ്ടാകും ഒരു വഴിയില്ല അപ്പൊ വേദാ അധ്യയനം ചെയ്യുന്ന ആരാണ് ബ്രാഹ്മണൻ ക്ഷത്രിയൻ പൈസ മൂന്ന് കൂട്ടർക്ക് അന്ന് ബ്രഹ്മൻ അവസരമുണ്ട് സ്ത്രീകൾക്ക് ഇന്ന് പറയാനും ഇല്ല സ്ത്രീകളുടെ കാര്യം പറയണ്ട സ്ത്രീകളുടെ കാര്യം ഇന്ന് കോടതി വലിയ വാദം നടക്കണേ ഇപ്പൊ എന്താണ് ൗരവലയിൽ പെണ്ണുങ്ങൾക്ക് കയറാമോ കേരള ഗവണ്മെന്റും കേന്ദ്ര ഗവൺമെന്റും എല്ലാം പറഞ്ഞിരിക്കുന്ന എന്താണ് പെണ്ണുങ്ങൾ കയറാൻ പാടില്ല എന്തുകൊണ്ട് കാരണ അയ്യപ്പൻ നൈഷ്ഠിക ബ്രഹ്മചാരി ആണ് പ്രതിഷ്ഠിക അയ്യപ്പൻ നൈഷ്ഠിക ബ്രഹ്മചാരി എന്ന് അയ്യപ്പൻ എന്ന് പറയുന്ന ആ പ്രതിഷ്ഠയിലിരിക്കുന്ന ദേവത എന്ന് പറയുന്നത് നൈഷ്ഠിക ബ്രഹ്മചാരിയാണോ അതുകൊണ്ട് പെണ്ണുങ്ങള് കയറാൻ പാടില്ല ഏഹ് ഏഹ് അങ്ങനെ സർക്കാരിന്റെ അല്ല ഇപ്പ എല്ലാരും ഇപ്പ എല്ലാരും ഇങ്ങനെ പറയുമ്പം പിന്നെ സുപ്രീം കോടതി എന്ത് പറയും കേറേണ്ടെന്നേ പറയാൻ പറ്റുന്നു എല്ലാരും പറയല പ്രതിയായ പ്രതിവാദമില്ല അവര് ചിലടിപ്പുണ്ടവിടെ എന്താണ് പൊതുവെ പൊതുവെ എല്ലാരും പറയുന്ന എന്താണ് അവിടെ അയ്യപ്പൻ നൈഷ്ഠിക ബ്രഹ്മചാരി ആയതുകൊണ്ട് അവിടെ സ്ത്രീകൾ കയറാൻ പാടില്ല അയ്യപ്പൻ നൈഷ്ഠിക ബ്രഹ്മചാരിയാണെന്ന് നിങ്ങളോട് ആര് പറഞ്ഞു അത് പറയുന്നതൊക്കെ ഞങ്ങളുടെ വിശ്വാസമാണ് അപ്പൊ പിന്നെന്താ പിന്നെ ഇടപെടണ്ട പോട്ട വിശ്വാസം പക്ഷെ അവിടെ കേറുന്നുണ്ടെന്നുള്ളതാണ് വാസ്തവം അത് വേറെ കാര്യം അപ്പൊ സന്താത് ബ്രഹ്മസ്വരൂപ അപകമാ താമത് ഈ ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത് അതിന്റെ അർത്ഥമാണ് പറഞ്ഞിരിക്കുന്നത് ആപാദത എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം ബ്രഹ്മവിചാരം കൂടാതെ തന്നെ അസ്ഥി എന്തസ്ഥി ബ്രഹ്മസ്വരൂപ അവഗമം ബ്രഹ്മസ്വരൂപജ്ഞാനം ഉണ്ട് എന്നുവെച്ചാൽ വേദ അധ്യയനം ചെയ്ത ഒരുവന് ഈ പറയുന്ന യോഗ്യതയൊക്കെ ഉണ്ടെങ്കിൽ അവന് ബ്രഹ്മവിചാരം ചെയ്യാതെ തന്നെ എന്ന് വെച്ചാൽ ബ്രഹ്മസൂത്രത്തിലേക്ക് പ്രവേശിക്കാതെ തന്നെ അവന് ബ്രഹ്മജ്ഞാനം ഉണ്ട് എന്നർത്ഥം ഇതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ സിദ്ധാന്തം പറയുന്നത് മനുഷ്യങ്ങനെയൊക്കെ വ്യാകരണം പഠിച്ചു നികണ്ടും നിരുത്തവും എല്ലാം പഠിച്ചു ഏതാധ്യയനം ചെയ്തു അങ്ങനെ ചെയ്യുമ്പോ അവനുണ്ടാകുന്ന ബ്രഹ്മജ്ഞാനം എങ്ങനെയുള്ള ബ്രഹ്മജ്ഞാനായിരിക്കും എങ്ങനെയുള്ള ബ്രഹ്മജ്ഞാന കാരണം വ്യാകരണവും എല്ലാം പഠിച്ചിരിക്കുകയാണ് അപ്പം വാക്കും അതിന്റെ അർത്ഥം എന്താണെന്ന് വ്യക്തമായി അറിയാം എല്ലാം അറിയാമെന്നുള്ള ഒരുവന് ഞാനിപ്പോ ഒരാളോട് പറയുന്നു ഇങ്ങോട്ട് വാ എന്തു പറഞ്ഞാ അവനുണ്ടാകുന്ന ബോധം എന്തായിരിക്കും കാരണം ആ ഞാൻ പ്രയോഗിച്ച ഭാഷയുടെ പദം പദാർത്ഥം എല്ലാം അവനറിയാം ഇപ്പൊ ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ ഇങ്ങോട്ട് വരും അങ്ങോട്ട് പോവാൻ പറഞ്ഞാൽ അങ്ങോട്ട് പോകും അപ്പൊ ശരിയായ ഞാൻ എന്തെന്നെയിരിക്കും ഉണ്ടാകുന്നത് ഇത്രയും യോഗ്യതയുള്ള ഒരുവന് ബ്രഹ്മജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നിശ്ചയ രൂപത്തിലുള്ള ജ്ഞാനമായിരിക്കും ഉണ്ടാകുന്നത് പക്ഷേ അവന് ദോഷങ്ങളുണ്ടെങ്കിൽ അവൻ്റെ അന്ധകരണത്തിൽ ദോഷങ്ങളുണ്ടെങ്കിൽ അവന് വീണ്ടും സംശയം ഉണ്ടാവും എന്നാണ് ഈ പറയുന്നത് അതുകൊണ്ട് വിചാരം വേണ്ടിവരുന്നു ആ സംശയങ്ങളെ മാറ്റാൻ ആ അജ്ഞാന സംശയ വികൃങ്ങളുണ്ടാവും ശരിയായ നിശ്ചയാത്മകമായ ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാലും വ്യക്തിയിൽ ദോഷമുണ്ടെങ്കിൽ അജ്ഞാന സംശയ വിവര്യങ്ങളുണ്ടാവും അത് മാറണമെങ്കിൽ എന്ത് വേണം വിചാരം ചെയ്യണം ഇതാണ് ഇവിടെ പറഞ്ഞു വരുന്നത് പ്രധാനപ്പെട്ട പോയിന്റ് നിശ്ചയാത്മകമായ ജ്ഞാനം അവന് ഉണ്ടാവും എന്ന് പറഞ്ഞു അതെങ്ങനെയായിരിക്കുക ഞാനും എങ്ങനെയായിരിക്കും എങ്ങനെയുള്ള ഞാനും ആയിരിക്കും അവനുണ്ടാവുന്നത് അത് അഹം ബ്രഹ്മാസ്മി എന്നുള്ള ഞാനാണ് അവനുണ്ടാവുന്നത് പക്ഷെ ഉണ്ടായിട്ടും അവന്റെ അന്ധകരണത്തിൽ ദോഷമുള്ളൊണ്ട് വീണ്ടും സംശയങ്ങളുണ്ടാവും ഒരാള് നമ്മളോട് പറയാണ് എന്താണ് നീ ബ്രഹ്മമാണ് എന്ന് പറഞ്ഞാ ഞാൻ ബ്രഹ്മമാണെന്ന് ബോധമുണ്ടാകുന്നു എന്താ കൊടുക്കം എന്താ ഈ ബ്രഹ്മെന്ന് പറഞ്ഞ ഞാനെങ്ങനെ ബ്രഹ്മമാവും ഇങ്ങനെ തന്നെ സംശയങ്ങളുണ്ടാവും അതാണ് വീണ്ടും വിചാരം ചെയ്യേണ്ട ആവശ്യം അതാണ് ഇവിടെ പറയുന്നത് ഒരാൾക്ക് യാതൊരു ദോഷമില്ല വേദ അധ്യയനം ചെയ്ത് തത്വമസീന്ന കേട്ട് അവന് ദോഷമൊന്നുമില്ല അവനെന്ത് സംഭവിക്കും അവനുന്ന് വിചാരത്തിന്റെ ആവശ്യം അവന് ഞാനും ഉണ്ടായിക്കഴിഞ്ഞു വിചാരം ആർക്കാണോ അങ്ങനെ ദോഷങ്ങൾ അവനാണ് വിചാരം ദോഷങ്ങളില്ലെങ്കിൽ വിചാരം വേണ്ട പക്ഷെ ദോഷങ്ങളുണ്ടെങ്കിലും ദോഷങ്ങളില്ലെങ്കിലും ഒരു കാര്യം നിർബന്ധമാണ് എന്താണ് വ്യാകരണം പഠിച്ചിരിക്കുന്നു വ്യാകരണം പഠിച്ചു വ്യാകരണം നിർബന്ധമായും പഠിച്ചിരിക്കുന്നു അപവാദമാണല്ലോ എങ്ങനെ പറഞ്ഞ അപവാദായിട്ട് പഠിക്കാൻ ല്ലേനല്ലേ പറഞ്ഞ ബാക്കിന ആരാണോ യോഗ്യൻ അവന് നിശ്ചയാത്മകമായ ജ്ഞാനം ഉണ്ടാകും അവന് പിന്നെ വിചാരത്തിന്റെ ആവേശം പക്ഷെ ദോഷമുണ്ടെങ്കിൽ വിചാരം വേണ്ടിവരും ഇതാണ് കൂടെ പറയുന്നത് ആപാദത എന്നുവെച്ചാൽ വിനാ അഭ്യസ്ഥി ബ്രഹ്മസ്വരൂപജ്ഞാനം അതാണ് കൂടെ പറയുന്നു ബ്രഹ്മസ്വരൂപജ്ഞാനത്തിന് വിചാരത്തിന്റെ ആവേശമില്ല വിചാരം കൂടാതെ തന്നെ അവന് ഉണ്ടാകും പക്ഷെ വിചാരം കൂടാതെ ഉണ്ടായതുകൊണ്ട് അവന് ആപാതാന്ന് പറയും സാമാന്യമായ ജ്ഞാനമെന്ന് പറയാം ആപാതത അത്രചമ്യേന തദ്വിഷയം അവഗമം രക്ഷി പിന്നെ ഉച്ച അസ്ഥി താവത് buddha നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവനെ വ്യാഖ്യാനിക്കുകയാണ് അത്തരച്ച ബ്രഹ്മ ഇവിടെ പറഞ്ഞല്ലോ അസ്ഥിത്താവത് ബ്രഹ്മിത്യുദ്ധ ബുദ്ധമുക്ത സ്വഭാവം എന്ന് പറഞ്ഞല്ലോ ബ്രഹ്മ എന്നുള്ള ശബ്ദം കൊണ്ട് അവഗമ്യേന ബ്രഹ്മെന്ന് പറയുന്നത് അറിയേണ്ടതാണ് അവഗമ്യമാണെന്ന് വെച്ചാൽ അറിയേണ്ടത് തദ്വിഷയം ആ അറിയേണ്ടതായ ബ്രഹ്മത്തെ സംബന്ധിച്ചുള്ള അവഗമം ലക്ഷ്യ ആ ബോധത്തെയാണ് ബോധത്തിലാണ് അതിന്റെ താല്പര്യം അസ്ഥിതാവത് ബ്രഹ്മന്ന് പറഞ്ഞ ബ്രഹ്മുണ്ട് ബ്രഹ്മജ്ഞാനം അതില് ഓരോന്നിന്റെയും വിശ്വ പറയാണ് അസ്തിമർശിത് അസ്തി ബ്രഹ്മസ്തിത്വം ബ്രഹ്മം ഉണ്ട് എന്നുള്ള കാര്യം സതിവിമർശേ സംശയമുണ്ടെങ്കിൽ ബ്രഹ്മവിചാരത്തിന് മുമ്പ് അത് നിർണ്ണയിക്കാൻ കഴിയത്തില്ല നിർണയത്തത് അസ്തി ബ്രഹ്മത്തിന്റെ അസ്തിത്വം എന്ന് പറയുന്നത് സംശയമുണ്ടെങ്കിൽ വിചാരത്തിന് മുമ്പ് അത് നിശ്ചയിക്കാൻ പറ്റത്തില്ല ബ്രഹ്മ നിശ്ചയം വിചാരത്തിന് മുമ്പ് സംഭവിക്കത്തില്ല എങ്ങനെയാണെങ്കിൽ സംശയ സംശയമുണ്ട് സംശയമൊക്കെ ഉണ്ടാകുന്നത് ആ പുരുഷന്റെ ദോഷമാണ് എന്നാ ബ്രഹ്മത്തിന് കുഴപ്പമൊന്നുമില്ല ബ്രഹ്മം പൂർണ്ണമാണ് എപ്പോഴും നിത്യമാണ് ശുദ്ധമാണ് ബുദ്ധമാണ് അതൊക്കെയാണ് ബ്രഹ്മത്തിന് പ്രശ്നമൊന്നുമില്ല പക്ഷെ വ്യക്തിക്ക് പ്രശ്നം അതുകൊണ്ട് അങ്ങനെ ഒരു ബ്രഹ്മ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് എല്ലാരും ബ്രഹ്മത്തെ അറിയുന്നില്ല എന്നൊരു ചോദ്യം വരും ബ്രഹ്മം ഉണ്ടെന്നില്ലേ അസ്ഥി എന്ന് പറഞ്ഞാണ്ട് സൂര്യൻ ഉണ്ട് എല്ലാവരും സൂര്യനെ അറിയുന്നു അതുപോലെ ബ്രഹ്മം ഉണ്ട് എല്ലാരും എന്തുകൊണ്ട് ബ്രഹ്മത്തെ അറിയുന്നില്ല എന്താ കാരണം അതാണോ പറയുന്നത് ചോദ്യത്തിന് ഉത്തരം എന്തായാലും ചോദ്യം അറിയാ എല്ലാരും എന്തുകൊണ്ട് ബ്രഹ്മത്തെ അറിയുന്നില്ല ഒരു ചോദ്യം കേൾക്കുന്നില്ല സൂര്യൻ ആകാശത്തു എല്ലാരും അറിയുന്നുണ്ടല്ലോ ശബ്ദജ്ഞാനം പോരാ അതുപോലെ എല്ലാരും അറിയുന്നില്ല സൂര്യനെ കണ്ണടുള്ളവനെ കാണാൻ പറ്റും കണ്ണില്ലാത്തവന് കാണാൻ പറ്റത്തില്ല അതുപോലെ ബ്രഹ്മത്തെ യോഗ്യതയുള്ളവൻ യോഗ്യതയില്ലാത്തവൻ കാണത്തില്ല സമാധാനം ഇപ്പൊ നിർത്താന്നുള്ളൂ